അതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാനും മുഹമ്മദ് നബിസല്ലാഹ് അലഹി വസ്ല്ലം നിങ്ങൾക്ക് സാക്ഷിയാകാനും വേണ്ടി നിങ്ങളെ ഒരു മധ്യവർത്തി സമൂഹമാക്കിയിരിക്കുന്നു നിങ്ങൾ തിരിഞ്ഞിരുന്ന കിബിലയെ ഞാൻ നിശ്ചയിച്ചത് മുഹമ്മദ്ബിസല്ലാഹ്ഹു അലഹി വസ്ല്ലത്തെ പിന്തുടരുന്നവരും പിന്നോട്ടു തിരിയുന്നവരും ആരാണെന്നറിയാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നുമല്ല അള്ളാഹു സുബഹാനഹുവത്തായാല ഹിദായത്ത് നൽകിയവർക്കല്ലാതെ അത് വലിയൊരു കാര്യമായിരുന്നു നിങ്ങളുടെ ഈമ നഷ്ടപ്പെടുത്താൻ അള്ളാഹു സുബഹാനഹുവായാല ഉദ്ദേശിച്ചിട്ടില്ല തീർച്ചയായും അള്ളാഹു സുബാനഹുവറ്റായാല മനുഷ്യരോട് അത്യന്തം ദയയുള്ളവനും കരുണാനിധിയുമാണ്